ദൈവം മനുഷ്യനെ തന്റെ ഛായലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനവും മനുഷ്യൻ തന്നെയായിരുന്നു എന്നാൽ ദൈവം തന്റെ ഛായലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് ഏതൻ തോട്ടത്തിലാക്കിയ മനുഷ്യൻ അധപതിച്ചത് തന്റെ അനുസരണക്കേട് മൂലമായിരുന്നു ഈ അനുസരണക്കേട് സംഭവിച്ചതോ പിശാചിന്റെ പ്രലോഭനം നിമിത്തവും അവന്റെ സ്വഭാവത്തെക്കുറിച്ച് ഉല്പത്തി പുസ്തകത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് ദൈവമായ കർത്താവ് സൃഷ്ടിച്ച് എല്ലാ വന്യജീവികളിലും വെച്ച് കൌശൽമേറിയതായിരുന്നു സർപ്പം അതുപോലെ ഈശോ പിശാചിനെക്കുറിച്ച് പറയുന്നത് അവൻ നുണേനും നുണയുടെ പിതാവുമാണ് എന്നാണ് അതായത് അവനിൽ സത്യമില്ല എന്ന് പിശാച്ചിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുക എന്നതാണ് അതുകൊണ്ടുതന്നെ അവൻ അന്നും ഇന്നും മനുഷ്യനെ കബിളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മനുഷ്യനെ വഴിതെറ്റിക്കാൻ വേണ്ടി അവൻ ഏതു വേഷവും കെട്ടും വേണ്ടിവന്നാൽ പ്രഭാപൂർണനായ ദൈവദൂതനായി പിശാച്ച് വേഷം കെട്ടും അതിനാൽ മനുഷ്യമക്കൾ പിശാച്ചിന്റെ തന്ത്രങ്ങൾ തിരിച്ചറിയാനും അതിൽ നിന്ന് മാറി തക്കവണ്ണം വിവേകമുള്ളവരായിരിക്കണം ആരായിരുന്നു ക്രിസ്തു എന്ന് ചോദിച്ചാൽ അവൻ ദൈവത്തിന്റെ പുത്രനായിരുന്നു അവൻ മറിയത്തിന്റെ പുത്രനായി ഈ ഭൂമിയിൽ പൂർണ്ണ ദൈവവും പൂർണ്ണമനുഷ്യനുമായ മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്കായി ജനിച്ചവനാണ് അതിനാൽ തന്നെ അവനിൽ ദൈവത്തിന്റെ ശക്തിപൂർണമായും പ്രകടമായിരുന്നു എന്നാൽ അവൻ എല്ലാ മനുഷ്യരെയും പോലെ പ്രലോഭനമുണ്ടായപ്പോൾ അവന്റെ ഉള്ളിലെ ദൈവീക ശക്തി കൊണ്ട് അവയെല്ലാം അവൻ ചെറുത്തുനിന്നു നാം അറിയാതെ ചിന്തിച്ചുപോകുന്ന ഒരു കാര്യമാണ് ഈശോയ്ക്ക് മൂന്നു പ്രലോഭനങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എന്ന് എന്നാൽ മരുഭൂമിയിലെ പരീക്ഷിക്കൊടുവിൽ ലൂക്ക് സുവിശേഷകം പറഞ്ഞത് ഇങ്ങനെയാണ് അപ്പോൾ പ്രലോഭനങ്ങൾ എല്ലാം അവസാനിപ്പിച്ച് നിശ്ചിതകാലത്തേക്ക് അവനെ വിട്ടുപോയി എന്ന് ഈശോയെ പ്രലോഭിപ്പിക്കാൻ എപ്പോഴൊക്കെ പിശാച്ച് അവൻറെ അടുത്തു വന്നുകൂടിയോ അപ്പോഴൊക്കെ അവൻറെ ഏറ്റവും വലിയ ലക്ഷ്യം ഈശോ സുജീവൻ ബലികഴിക്കതെന്നു തന്നെയായിരുന്നു ഈശോയ്ക്കു മൂന്ന് പരീക്ഷകളിലെല്ലാം പിശാച്ച് വളരെ കൌശലപൂർവം അവൻറെ ജീവിത നിന്ന് അകറ്റുവാൻ പരിശ്രമിക്കുന്നതാണ് കാണുക ഒന്നാമത്തെ പ്രലോഭനത്തിൽ തന്റെ ദൈവീക ശക്തിയെ സ്വന്തം കാര്യസാധ്യത്തിനായി ഉപയോഗിക്കാൻ പ്രലോഭിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ പ്രലോഭനത്തിൽ ദൈവത്തിന്റെ അധികാരവും തന്റേതാണ് എന്നവകാശപ്പെട്ട് അവൻ ഈശോയെ കബിളിപ്പിക്കാൻ പരിശ്രമിക്കുന്നു എന്നാൽ മൂന്നാമത്തെ പ്രലോഭനത്തിൽ അവനോട് സ്വർഗം ഉപേക്ഷിച്ച് പുറത്തുകടന്നാലും അവൻ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു കബിളിപ്പിക്കാൻ പരിശ്രമിക്കുന്നു സുവിശേഷങ്ങളിലുടനീളം പൊതുവായി കാണുന്ന ഒരു കാര്യമാണ് പിശാചുബാധിതർ അവനെ തിരിച്ചറിയുന്നത് അപ്പോഴെല്ലാം അവർ അവൻ ആരാണെന്ന് വിളിച്ചു പറയുന്നു ഉദാഹരണത്തിന് മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര യേശുവെ അങ് എന്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു ദൈവപുത്ര നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു എപ്പോഴൊക്കെ പിശാച്ച് ബാധിതർ ഈശോയെ ദൈവപുത്രനായി ഏറ്റുപറഞ്ഞോ അപ്പോഴൊക്കെ യേശു അവരെ നിശബ്ദരാക്കി കാരണം ഈശോ ആരാണെന്ന് ജനം തിരിച്ചറിഞ്ഞ് രാജാവാക്കിയാൽ തന്നെ തന്നെ ബലിയായി നൽകി മനുഷ്യകുളത്തിന് രക്ഷ നൽകാൻ സാധിക്കില്ല എന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു ദൈവത്തിന്റെ സൃഷ്ടിയുടെ മകുടമാണ് മനുഷ്യൻ ആ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതുവഴി പിശാച്ച് ദൈവത്തെ തോൽപ്പിക്കാൻ പരിശ്രമിക്കുന്നു അതിനായി അവൻ പയറ്റുന്നു അതുകൊണ്ടാണ് പത്രോസ് ലീഹ തന്റെ ഒന്നാമത്തെ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നത് നിങ്ങളുടെ ശത്രുവായ പിശാച്ച് അലർന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചു ചുറ്റിനടക്കുന്നു എന്ന് അതുകൊണ്ടുതന്നെ ഈശോയെപ്പോലെ ആയിമാറുവാൻ നമുക്കും സാധിക്കണം ലോകത്തിന് രക്ഷ നേടിക്കൊടുക്കുക എന്നതായിരുന്നു അവന്റെ ലക്ഷ്യം അത് നടക്കാതിരിക്കാൻ പിശാച്ച് പലതന്ത്രവും പയറ്റിനോക്കി എന്നാൽ അവൻ വിജയിക്കാൻ സാധിച്ചില്ല കാരണം ഈശോ അവന്റെ ഓരോ തന്ത്രവും വിവേചിച്ചറിഞ്ഞു ഈശോ നമുക്കായി നേടിതന്ന രക്ഷയ്ക്ക് അർഹരാവുക എന്നതാണ് നമ്മുടെ ജീവിതലക്ഷ്യം അത് സാധ്യമാവാതിരിക്കുവാൻ പിശാജ് പലകളും പറയും കബളിപ്പിക്കാൻ പരിശ്രമിക്കും പലതന്ത്രങ്ങളും മെനയും എന്നാൽ ഇവയിൽ നിന്നൊക്കെ അകന്നു നിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നന്മതിന്മകളെ വിവേചിച്ചറിയാൻ നമുക്ക് സാധിക്കണം